വിശ്വസിച്ചതിനു ശേഷം അള്ളാഹുസുബഹാനുഹൂവത്താലായ് നിഷേധിച്ചവൻ വിശ്വാസത്തിൽ ഹൃദയം സമാധാനമുള്ളവനായിക്കൊണ്ട് നിർബന്ധിതനായവൻ ഒഴികെ എന്നാൽ ആരെങ്കിലും കുഫ്രിന് തൻറെ ഹൃദയം തുറന്നു നൽകിയോ അവൻ അള്ളാഹുസുബാനഹൂവത്ത ആലായുടെ കോപമുണ്ട് അവർക്ക് വലിയ ശിക്ഷയുമുണ്ട്